നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളുടെ വിസ്തൃതിയിലുള്ള സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ മത്സരിച്ചു മുന്നേറുക അള്ളാഹുസുഹാനുഹൂവറ്റ അയലയിലും അവൻറെ ദൂതന്മാരിലും വിശ്വസിച്ചവർക്കായി അത് ഒരുക്കപ്പെട്ടിരിക്കുന്നു അത് അള്ളാഹു സുബാനുഹൂവറ്റ ഏലയുടെ അനുഗ്രഹമാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നു അള്ളാഹുസുബാനുഹൂവറ്റ അയല മഹച്ചായ അനുഗ്രഹങ്ങളുടെ ഉടമയാകുന്നു